വാത്സല്യമുളദർശിസു മധുരം സങ്കീർത്താവിസാന സ്തംഭാഭ്യന്തര ഗർഭാവനിഗതവ്യത വൈഭവോ യഞ്ചാനനന പാഞ്ചജന്യവപുഷാവഷ്ടവിശ്വാത്മന പ്രഹ്ലാദേദലക്ഷണമിഷ്ട പ്രമാണം ഓവ്യാഗ്ബിന്ദുസുന്ദരവനസിംഹാഗ്രചൂടാമണ ജ്യോതിര്യദക്ഷിണമൂർത്തിവ്യാസശങ്ക ശബദ്ദു ജ്ഞാനോക്തമാഖ്യം തദ്ദേ സനന്ദപോലു പ്രതിഭക്തിപ്രാഗർഭാത പ്രഗത്ഭവാജാ കിദേശി സുഖമനിയാർത്യസീപികാ വിദുഷ പ്രമാണനർഭിന്ന നൌമലക്ഷണത്തില് ആദ്യ അതിവ്യാപ്തി കാണിച്ചു പിന്നീട് അസംഭവത്തെ കാണിച്ചു ഇപ്പോ അസംഭവദോഷം വരുന്നിടത്ത് അതിവ്യാപ്തി ദോഷം വരൂ പിന്നെ രണ്ടും കാണിച്ചു അതായത് അതിവ്യാപ്തി വരുന്നത് സത്തയെടുക്കാതിരിക്കുമ്പഴാ സത്തയെടുക്കാതെയാണ് നമ്മൾ വിശദീകരിച്ചപ്പോൾ സത്തയെടുത്തിട്ട് ദോഷത്തെ കാണിച്ചു അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വിശദീകരിച്ചപ്പോഴങ്ങനെ പറഞ്ഞുവെങ്കിലും ഇവിടെ മൂലഗ്രന്ഥത്തിനനുസരിച്ച് എന്താണോ സത്തയെടുക്കാതിരിക്കുമ്പോഴാണ് അതിവ്യാപ്തി വരുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പം ദീപത്തിലെ ദീപത്വജാതി എടുത്തു ഘട്ടുള്ള ഘടത്വ ജാതിയുണ്ട് അപ്പോഴല്ല എന്തോരും അവിടെ സജാതീയപരാനപേക്ഷത്വം ഒന്ന് അതിവ്യാപ്തി പറയുന്നത് ശരിയാണ് അപ്പോ അങ്ങനെ അതുകൊണ്ടാണ് അതിവ്യാപ്തി ഒന്ന് അതിവ്യാപ്തി ദോഷവും അസംഭവ ദോഷവും കൂടെ ഒരു ലക്ഷണത്തിൽ വരത്തില്ല എന്തുകൊണ്ട് പിന്നെ അതിവ്യപ്തി വരില്ല അസംഭവം എന്ന് വെച്ചാ ലക്ഷ്യത്തിൽ ലക്ഷണ ഇല്ലെന്നാണ് അതിവ്യാപ്തി പറഞ്ഞാലോ ലക്ഷ്യത്തിൽ ആ ലക്ഷ്യപ്പെടുത്തി അപ്പൊ മൂലഗ്രന്ഥകാലം പറഞ്ഞിരിക്കുന്നത് അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യം അതിവ്യാപ്തി വരുമ്പോ സത്യ എടുത്തിട്ടില്ല സത്യ എടുക്കാതെ ദോഷം പറയുന്നവരങ്ങനെ ദോഷം പറഞ്ഞു വന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് അതിവ്യാപ്തി ഉണ്ട് പക്ഷെ നമ്മൾ അവിടെ ഈ സത്തയെടുത്തുകൊണ്ട് നമ്മൾ സത്തയെക്കുറിച്ചുകൂടെ ചർച്ച ചെയ്ത് വന്നു അത് മനസ്സിലാക്കാൻ വേണ്ടി വാസ്തവത്തിൽ സത്തയെടുക്കാൻ പാടില്ല സത്തയെടുത്തു കഴിഞ്ഞാൽ എന്തുവരുന്നു ഇവിടെയൊന്നും നിൽക്കത്തില്ല ഇവിടെ ദീപത്തിലോ പടത്തിൽ ഒന്നും നിൽക്കത്തില്ല സത്യം എടുത്തു കഴിഞ്ഞാൽ നേരെ എവിടെ പോകുന്നു അത് ചിതാത്മാവിൽ തന്നെ സമന്വയിക്കാതെ വേറെടുത്ത് സമന്യിപ്പിക്കേണ്ട കാര്യം ഇല്ല അതായത് ഒരു ലക്ഷണം ലക്ഷ്യത്തിൽ കണ്ടു ലക്ഷ്യത്തിലുണ്ട് പിന്നെയാണ് ആ ലക്ഷ്യത്തിലുണ്ടോ എന്ന് ചിന്തിക്കുന്നത് അങ്ങനെ ചിന്തിക്കുന്നു പക്ഷേ ഇവിടെ പറഞ്ഞ ദോഷത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ലക്ഷണം ഉണ്ടാക്കി തന്നെയാണ് പറയുകയാണ് ഇവിടെ ജാതീയം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് സത്താസ ജാതിയുമെന്നാണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു ജാതികളെല്ലാം പോയി സത്തയാണ് പിന്നെ ജാതി അതുവരെ പറഞ്ഞെല്ലാം തീർന്നു സത്യ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ സത്തെ വെച്ച് സമന്വയിപ്പിക്കുന്നത് ദീപത്തിലോ പടത്തിലോ ഒന്നുമല്ല നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തോളു മനസിലായോ അവിടെയൊന്നുമല്ല ആദ്യം നോക്കണ്ട ഇവിടെ ലക്ഷണം ലക്ഷ്യത്തിലുണ്ടോന്ന് നോക്കണം ശരി ലക്ഷ്യത്തിലുമുണ്ട് സമ്മതിച്ചു ഇപ്പ നമ്മൾ സജാതീയ പരാനുപേക്ഷത്വം ഘടവ്യവഹാരം ഘടജ്ഞാനം സജാതീയ പരമായി ഗോ ഇപ്പം സജാതീയ ജ്ഞാനത്തിൽ സ്വസജാതീയ പരാനപേക്ഷത്വം വന്നു അതിവ്യാപ്തി വന്നു അങ്ങനെ നമ്മൾ പറഞ്ഞു അത് തെറ്റാണ് എന്തുകൊണ്ട് ആദ്യം നമ്മൾ ലക്ഷ്യത്തിൽ സമന്വയിക്കുന്നുണ്ടോ എന്ന് നോക്കണം അല്ല ലക്ഷണം ഇനി വേറെ എവിടെയെങ്കിലും സമന്വയിക്കുന്നോന്ന് നോക്കിയിട്ട് കാര്യമില്ല ആദ്യം നോക്കേണ്ടത് ലക്ഷ്യത്തിലാണ് ലക്ഷ്യത്തിൽ ലക്ഷണം സമന്വയിക്കുന്നില്ലെങ്കിൽ അസംഭവം പിന്നെ അതിവ്യാപ്തിയെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യം ഇല്ല നമ്മളത് ആ ലക്ഷണം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നറിയാൻ വേണ്ടി അങ്ങനെ ചിന്തിച്ചതെന്നുള്ളതി അതന്നെ മൂലഗ്രന്ഥത്തിനനുസരിച്ച് വരികയാണെങ്കിൽ എന്താണോ ഏതിരിതർമത്തെ ജാതിയായി എടുക്കുമ്പോൾ എടുക്കുമ്പോഴത്തേക്ക് സത്യ ജാതിയായിട്ട് എടുക്കുമ്പോൾ അസംഭവം മറ്റേ ദീപത്വഘടത്വാദികളെ ഒക്കെ വിട്ടു ദോഷം പരിഹരിക്കാൻ വേണ്ടി പറഞ്ഞ് സത്യം എടുക്കാമെന്ന് അപ്പം പിന്നെ കൂടുതൽ ചർച്ചയുടെ ആവശ്യമുണ്ട് ചിതാത്മ വ്യവഹാരത്തെ എടുക്കുക എന്താണോ ചിതാത്മ വ്യവഹാരം ജ്ഞാനമോ ശബ്ദപ്രേമോ എന്തായിരുന്നു പിന്നെ എന്താണ് സജാതീയ പരമായി എന്ത് സത്യ ജാതിയായിട്ട് എടുത്തു സജാതീയപരമായി അധിഷ്ഠാദികൾ എന്നുവെച്ചാൽ സാധാരണ കാരണങ്ങളെങ്ങനെയെടുക്കാം സജാതീയപരം എൻ്റെ അപേക്ഷ വന്ന് വ്യവഹാരത്തിൽ അപ്പോ സ്വ സജാതീയ പര അപേക്ഷം വന്നു സ്വജാതീയ അപേക്ഷാ അനപേക്ഷത്വം വന്നില്ല അപേക്ഷത്വത്തിന് അത് തന്നെ എടുക്കാം സുസ്ജാതീയ പര അപേക്ഷരണത്വം അപേക്ഷാവത്വ അനധികരണത്വം അപേക്ഷാവത്വ അധികരണത്വം അനധികരണത്വം വരുന്നില്ല അപ്പോ സ്വ സ്വജാതീയ പര അപേക്ഷത്വഛഛന്നമായി വ്യവഹാരം അങ്ങനെയുള്ള വ്യവഹാരമാണ് ചിതാത്മാവിന്റെ ലക്ഷണമായി പറയുന്നു അങ്ങനെയുള്ള സ്വസജാതീയപര അപേക്ഷാത്വിന്നമായ വ്യവഹാരം ചിതാത്മാവിൽ സ്വസജാതീയപര അനപേക്ഷത്വ അവിന്നമായൊരു വ്യവഹാരം ചിതാത്മാവിൽ ഇല്ല ലക്ഷണമില്ല അവ്യവഹാരമാണ് ലക്ഷണം അതില്ല അതിന് രക്ഷണമേയില്ല ഇവിടെ പറഞ്ഞ അനപേക്ഷരണത്വത്തിന്റെ സ്ഥാനത്ത് എന്ത് ചെയ്യുന്നു അപേക്ഷാവത്വ അധികരണത്വമാണ് വ്യവഹാരത്തിൽ മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത് സജാതീയപര അനപേക്ഷത്വം ചുരുക്കത്തിൽ പറഞ്ഞ അതാണോ സജാതീയപര അനുപേക്ഷിപര അനപേക്ഷത്വച്ഛിന്ന വ്യവഹാരം ആയി ലക്ഷണം അത് സജാതിയോ എന്നുള്ളതുകൊണ്ട് സത്താജാതി എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വ്യവഹാരം ഒരിക്കലും ചിതാത്മാവിൽ സംഭവിക്കത്തില്ല എന്നുള്ളത് അസംഭവം ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ അപ്പോൾ ദീപത്വ ഘടത്വാദി ജാതികളെ എടുക്കുകയാണെങ്കിൽ അവിടെ അതിവ്യാപ്തി പറയാം ദീപത്വത്തെ ദീപത്തെടുക്കുമ്പോൾ പ്രത്യേകിച്ച് അവിടെ ദീപ വ്യവഹാരത്തെടുക്കുന്നു ദീപ വ്യവഹാരത്തിന് ദീപത്വ ജാതിയുള്ള മറ്റൊരു ദീപത്തിൻ്റെ ആവശ്യം ഇല്ല അവിടെ പോവും അതിവ്യാപ്തി ഘടജ്ഞാനത്തിന് ഘടത്വജാതിയുള്ള മറ്റൊരു ഘടത്തിൻ്റെ ആവശ്യം ഇല്ല അവിടെയും വരും അപ്പം അതി വ്യാപ്തി കാണിക്കാം പക്ഷെ ഇന്ന് ഒഴിവാക്കാൻ സത്താജാതി എടുത്തപ്പോൾ അവിടെ എന്തുവരുന്നു അപേക്ഷാ അത് എവിടെ ദീപഘടാതികളിലല്ല പിന്നെയോ അപ്പം അത് വിട്ടു നമുക്ക് ദീപഘടാതികളിൽ സമന്വയിപ്പിക്കാം അതിവ്യാപ്തി എന്ന് പറയാൻ പറ്റില്ല പക്ഷെ സമന്യിപ്പിക്കാം സത്തയെടുത്താലും സമന്വയിക്കാം അങ്ങനെ ഘടവ്യവഹാരത്തിൽ സ്വജാതീയമായ സത്താജാതിയുള്ള വേറൊരു ഘടത്തിന്റെ ആവശ്യം അങ്ങനെ സമന്വയിപ്പിക്കാം പക്ഷെ എന്താ വ്യത്യാസം അതിനെ അതിവ്യാപ്തി ദോഷമെന്ന് പറയാൻ പറ്റില്ല എന്തുകൊണ്ട് അസംഭവം വന്നു കഴിഞ്ഞ് ലക്ഷ്യത്തിൽ ഒരിടത്തും ലക്ഷണം ഇല്ല സമന്വയിക്കില്ല അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒരു ലക്ഷണത്തെ സമന്വയിപ്പിക്കുമ്പം ആദ്യം ലക്ഷ്യത്തിൽ സമന്വയിക്കുന്നു നോക്കിയിട്ട് വേണം മറ്റവിടത്ത് സമന്വയിക്കുന്നറിയാൻ അതാണ് ആദ്യം നോക്കേണ്ട ലക്ഷ്യത്തിൽ ലക്ഷണം സമന്വയിക്കുന്നുണ്ടോ ലക്ഷ്യത്തിൽ സമന്വയിക്കുന്നുണ്ടെങ്കിൽ പിന്നെയാണ് എന്തിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത് അതിവ്യാപ്തിയും അവ്യാപ്തി ലക്ഷണത്തെ സമന്വയിച്ചു കഴിഞ്ഞതിന് ശേഷം അവ്യാപ്തി ഉണ്ടോ അതിവ്യാപ്തി ഉണ്ടോ എന്ന് ചിന്തിക്കുന്നു ലക്ഷണത്തിലെ സമന്വയിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കി ചിന്തിക്കേണ്ട കാര്യമില്ല ലക്ഷ്യത്തിലെ ലക്ഷണം സമന്വയിക്കുന്നുണ്ടെങ്കിൽ അവ്യാപ്തി അതിവ്യാപ്തികളെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യം ഇല്ല അതാണ് ഇതിൻ്റെ ഇതിന്നും മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടിവിടെ അസംഭവദോഷം വന്നു അസംഭവദോഷം മാത്രമല്ല ഇവിടെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട് പൂർവ്വോക്ത വ്യർത്ഥ വിശേഷണത്വ ദിവസം വ്യർത്ഥവിശേഷണത്വം മുമ്പ് പറഞ്ഞാണ് സജാതീയം എന്ന് പറയുന്നത് കൊണ്ട് സത്തയെടുത്തു കഴിഞ്ഞാൽ എന്തിനു സജാതി ഏത് വിജാതീയത്തിൽ നിന്നാണ് അതിനെ വേവർത്തിപ്പിക്കുന്നത് അതുകൊണ്ട് സജാതിയോ എന്ന് പറയുന്നത് വ്യർത്ഥവാം സജാതിയോ എന്ന് പറയുന്നത് വിജാതിയത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ സജാതിയോ എന്നതുകൊണ്ട് സത്തയെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വിജാതിയോ ഇല്ല അങ്ങനെ ഒരു ദോഷവും വെച്ചാൽ ലക്ഷണത്തിൽ തന്നെ ദോഷം വന്നു അപ്പോൾ എന്ത് ദോഷം വരും അസംഭവം വീണ്ടും വേണം രണ്ട് തരത്തിലും അസംഭവം സത്തയെടുത്ത് കഴിഞ്ഞു ഒന്ന് ലക്ഷ്യത്തെ ലക്ഷണം സമന്വയിക്കുന്നില്ല അസംഭവം മറ്റൊന്ന് ലക്ഷണം തന്നെ ശരിയല്ല അതായത് നിങ്ങളൊരു ലക്ഷണം പറഞ്ഞു ആ ലക്ഷണമേ ശരിയല്ല പിന്നെ ലക്ഷ്യത്തിനങ്ങനെ സമന്യിപ്പിക്കും പറ്റുമോ ലക്ഷണമേ ശരിയല്ല എന്ന് പറയുന്നു ലക്ഷണം ശരിയില്ലെങ്കിൽ പിന്നെ ലക്ഷണം ലക്ഷ്യത്തിൽ സമന്വയിക്കില്ല അത് അസംഭവം തന്നെ പിന്നെ അവ്യാപ്തിയാണോ അതിവ്യാപ്തിയാണോ എന്ന് പരിശോധിക്കേണ്ട കാര്യം വരുന്നില്ല ലക്ഷണം ശരിയല്ലെങ്കിൽ പിന്നെ ലക്ഷ്യത്തിൽ ലക്ഷണം സമന്വയിക്കില്ല അതതിൻ്റെ ലക്ഷണമേ അല്ല ലക്ഷണം എന്നുള്ള ധാരണയിൽ പറഞ്ഞു ലക്ഷണമല്ല അപ്പം അസംഭവം അതാണ് നോമം അപ്പം ഇതാണ് അതിൻ്റെ അവസാനം മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ എത്രയാണ് ഒന്ന് എന്താണ് ലക്ഷണം ലക്ഷ്യത്തിൽ സമന്വയിക്കുന്നുണ്ടോ എന്ന് നോക്കുക ആദ്യം അതിൽ സമന്വയിക്കുന്നില്ലെങ്കിൽ അവ്യാപ്തി അതിവ്യാപ്തി ചിന്തികളുടെ ആവശ്യമില്ല അസംഭവദോഷമാണ് അതൊന്ന് ഈ ലക്ഷണത്തെ സംബന്ധിച്ചിടത്തോളം അതിവ്യാപ്തി കാണിച്ചത് സത്താജാതി എടുത്തുകൊണ്ടല്ല ദീപത്വാദി ജാതികളെടുത്തുകൊണ്ടാണ് അതിവ്യാപ്തി കാണിച്ചത് ആ അതിവ്യാപ്തി ഒഴിവാക്കാൻ വേണ്ടി സത്താജാതിയെടുത്തു കഴിഞ്ഞാൽ അസംഭവദോഷം തരും അപ്പം നേരത്തെ ചർച്ച ചെയ്തതെല്ലാം വ്യർത്ഥമായി അതുകൊണ്ടെന്താണ് സത്താജാതി എടുക്കാൻ പാടില്ല എന്നർത്ഥം പിന്നെ എന്തിനെ തന്നെ എടുക്കണം ദീപത്വാദി എളുപ്പം എന്നാ എങ്ങനെയാണെങ്കിൽ ഞങ്ങൾ സത്താജാതി എടുക്കുന്നില്ല അസംഭവദോഷം ഒഴിവാക്കാൻ എന്നാൽ പിന്നെ നിങ്ങൾക്ക് ദീപത്വാദി ജാതി എടുക്കണമല്ലോ എടുക്കേണ്ടി വരും ഒന്നാദിവ്യാപ്തി ആ അങ്ങനെയുണ്ട് സത്താജാതി എടുത്തില്ലെങ്കിൽ അസംഭവദോഷമില്ല സത്തജാതി എടുക്കുമ്പോഴാണ് അസംഭവം സത്താജാതി എടുക്കുന്നില്ല അസംഭവദോഷമില്ല പക്ഷേ എന്ത് ദോഷം വരും വേറെ ഒരു ജാതി എടുക്കണം ടുത്തു കഴിഞ്ഞാൽ അധികാർത്തി ദോഷം വരും ഇനി എന്തെങ്കിലും സംശയമുണ്ടോ ഉണ്ടോ നിങ്ങൾ കൂടുതൽ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ പറഞ്ഞത് ഇനി പറയാനൊന്നുമില്ല എൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുമില്ല എന്നിടത്തിലേക്ക് പോകാം മാശമ അവേദ്യേ അനുമാനദ്യഗോചര കഥ അനവതാരപ്രസംഗ ോഹാര പ്രത്യക്ഷോതേദ്യേശ്രുതി പ്രളയമോക്ഷേഷു അവ്യപ്ത അസംഭവേനവിഷേദ ഇത്രയും വിശദമായി പറഞ്ഞെങ്കിലും അധികം വിശദീകരിക്കാനൊന്നുമില്ല കാരണം നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളേ ഉള്ളൂ പുതിയതായിട്ടൊന്നും ഇല്ല നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞാണ് ദശമലക്ഷണം എന്താണ് അവരോക്ഷ വ്യവഹാര ഷയത്വം ചിതാത്മാവിന് വരണം അപരോക്ഷം സ്വപ്രകാശം എന്ന് പറയുന്നു സ്വപ്രകാശം എന്ന് പറയുമ്പം തന്നെ അതിന്റെ അർത്ഥം എന്താണ് അതിനാരും പ്രകാശിപ്പിക്കുന്നില്ല എന്നാണ് എന്തെങ്കിലും പ്രകാശിപ്പിച്ചാൽ സ്വപ്രകാശം എന്ന് പറയാൻ പറ്റൂ സ്വപ്രകാശം സ്വയം പ്രകാശിക്കുന്നു മറ്റൊന്നും പ്രകാശിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് സ്വപ്രകാശം എന്ന് പറയുന്നതിന് വേറൊരു ഭാഷയിൽ പറയുന്ന അവേദ്യം പ്രകാശ്യമല്ല വേദ്യമല്ല ന്യമല്ല എന്നുപറയുന്നത് അപ്രമേയം നിശബ്ദങ്ങളെല്ലാം പറയുന്നതാണ് മറ്റൊന്നും പ്രകാശിപ്പിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അത് അറിയപ്പെടുന്നില്ലെന്നാണ് പക്ഷേ ഈ അവേദ്യത്വത്തെക്കുറിച്ച് ഇന്ന് ചർച്ച ചെയ്യും വിശദമായിട്ടുണ്ട് അപ്പോ ശ്രുതി പ്രമാണ വേദ്യം അതെന്നെങ്കിലും അതൊക്കെ ചർച്ച ചെയ്യും ഇപ്പോൾ അങ്ങോട്ട് കിടക്കാതെ പറയണം അവേദ്യം സ്വയം പ്രകാശം എന്ന് വെച്ചാൽ ആരും പ്രകാശിപ്പിക്കുന്നതിന് അവേദ്യം അപ്പോ ചിതാത്മാവിന് അവേദ്യത്വം യോജിക്കുന്നു എന്നാൽ അപരോക്ഷ വ്യവഹാര വിഷയത്തുമുണ്ട് കാരണം നമ്മൾ പറയുകയില്ലേ ചിതാത്മാ അപരോക്ഷം ആത്മാഅപരോക്ഷമാണ് എന്ന് പറയുന്നു അനുഭവം അങ്ങനെയാണ് താൻ തന്നെ അറിയുന്നുണ്ടെങ്കിൽ തനിക്ക് താൻ അപരോക്ഷമാണെങ്കിൽ തനിക്ക് താൻ അപരോക്ഷമായിരിക്കുന്ന താനായിരിക്കുന്ന അത് തന്നെയാണ് ചിതാത്മ അപ്പൊ അപരോക്ഷ വ്യവഹാരം അപരോക്ഷം എന്നുള്ള അറിവ് അപരോക്ഷം എന്നുള്ള ശബ്ദപ്രയോഗം അതിന്റെ വിഷയമാണെന്ത് ിതാത്മാവായിരിക്കുന്ന താൻ അപരോക്ഷോപാര വിഷയത്വം വന്നു എന്നാൽ അവേദ്യത്വം വന്നു അല്ലേ വേദ്യമാകുന്നുമില്ല എന്നാൽ അപരോക്ഷോപാര വിഷയത്വം വന്നു രണ്ടും അപ്പം അവശിഷ്ട അപരോക്ഷോഹാര വിഷയത്വം അല്ല അവേദ്യത്വത്തിന് നേരത്തെ ദോഷം പറഞ്ഞു അവേദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു പിന്നെ ഈ ചർച്ചയുടെ ആവശ്യമെന്ന് അവേദ്യമായ ഒന്നിനെ കുറിച്ച് നിങ്ങൾ എന്തിനാ ചർച്ച ചെയ്യുന്നു വേദ്യമേ അല്ല ഇപ്പൊ ശ്രുതിയിൽ നിന്ന് നിങ്ങളെങ്ങനെ അറിയും ശ്രവണ മനന ഇതിഹാസങ്ങളൊക്കെ എങ്ങനെ അറിയും അവേദ്യമായൊന്ന് അതിനൂടെ ആദ്യം പറയുന്നു നാവിദശമാത്മാവിനെ അവേദ്യമായി സ്വീകരിച്ചാൽ അനുമാനാദ്യ അഗോചരതയാനുമാനാദികൾക്ക് വിഷയം ആകുന്നില്ല അതുകൊണ്ട് കഥ അനവതാര പ്രസംഗ്യ ദർശിത അനവതാര പ്രസംഗം മുമ്പ് ദർശിതമാണ് ഏത് ലക്ഷണത്തിൽ ജ്ഞാനാഭിഷേകത്വം അവിടെ പറഞ്ഞു എത്രാമത്തെ ലക്ഷണം ജ്ഞാനാഭിഷേത്വം അവൈദ്യം എന്ന് പറഞ്ഞാൽ അത് ഞാൻ വിഷയത്വം ഞാൻ അഭിഷേകത്വം അത് കഴിഞ്ഞ് എന്തു പറഞ്ഞു ഞാൻ അഭിഷേകത്വ സ്ഥിതി ഔരോക്ഷത്വം ഇപ്പൊ ഇവിടെ എന്താ പറയുന്നത് അപ്പൊ രണ്ടും ഒന്നേ തന്നെ ഞാൻ അഭിഷേകത്വം എന്ന് പറഞ്ഞു തന്നെയാണ് അവേദ്യത്വം അവിടെ പറഞ്ഞു ഇവിടെ അവിടെ പറഞ്ഞു അപരോക്ഷത്വം ഇവിടെ എന്തു പറയുന്നു അപരോക്ഷ വ്യവഹാര വിഷയത്വം എന്ന് പറഞ്ഞു അപരോക്ഷം എന്നുള്ള വ്യവഹാരത്തിന് വിഷയം കാരണം അപരോക്ഷത്വം എന്ന് പറഞ്ഞപ്പോൾ നിഷേധിച്ചു എന്തു പറഞ്ഞു അവിടെ എന്താ പറഞ്ഞത് അവദ്യത്തെ സതി എന്ന് പറഞ്ഞപ്പോൾ ഏ ഒന്നും പറഞ്ഞില്ലേ അവസ്ഥ അപരോക്ഷത്വം എന്ന് പറഞ്ഞപ്പോ എന്ത് ദോഷം പറഞ്ഞോ അവിടെ ഏദ്യത്വസിതി അപരോക്ഷത്വം എന്ന് പറഞ്ഞപ്പോ എന്ത് ദോഷമാ പറഞ്ഞ എവിടെ അധിവ്യാപ്തി ഏടെ അധിവ്യാപ്തി പ്രഭാര മതം അനുസരിച്ച് ഇവിടെ അധിവ്യാപ്തി വരുന്നു ആത്മാവൻ അതും എങ്ങനെ അവേദ്യം എന്ന് പറയുന്നിടത്ത് വേദ്യ ശബ്ദത്തിന് എന്തർത്ഥം കൊടുത്തോ പോയല്ല കർമ്മം വേദ്യ ശബ്ദത്തിന് കർമ്മം നടക്കുകൊടുത്ത അവേദ്യം എന്ന് പറയുമ്പോ പ്രഭാകരന്റെ വധമനുസരിച്ച് കർമ്മമല്ല ആശ്രയമാണ് അപ്പോ ഞാൻ ആശ്രയത്വം വന്നു അപരോക്ഷത്വം വന്നു അപ്പം ലക്ഷണം പ്രഭാകരന്റെ ആത്മാവിപ്പോയി ആ കർമ്മം എന്നർത്ഥം കഴിഞ്ഞാൽ വേറെ പലയിടത്തും പോകുന്നതും പറഞ്ഞു എവിടെ എല്ലാം പോയി ഈശ്വരജ്ഞാന വിഷയമായ ജഗത്തിൽ അത് അവേദ്യമാണ് ജ്ഞാന കർമ്മമല്ല പിന്നെ ശുദ്ധിരജത സംസർഗത്തിൽ ഈശ്വരജ്ഞാന വിഷയമായിരിക്കുന്നു പിന്നെ അതാണ് പറഞ്ഞത് മൂന്നാമത് പറഞ്ഞു സാക്ഷിവേദ്യ സുഖാദികളെ നോക്കിയാണെങ്കിലും പറയാറിഞ്ഞല്ലോ ആ അത് ഏഴാമത്തേന്റെ ശരിയാണ് ഏ അസംഭവദോഷം ആറാമത്തേന് അസംഭവം പറഞ്ഞു അത് ശരിയാ ഏഴാമത്തേനെന്താ പറഞ്ഞത് ഞാൻ അഭിഷേത്വസതി അപരോക്ഷത്തിൽ അതെ സംഗതി ഒന്ന് തന്നെ അവേദ്യംന്ന് പറഞ്ഞാലോ ഞാനാവിഷയം ഏഹ് അത് അല്പം മാറ്റി പറയുന്നുള്ളതേ ഉള്ളു ദോഷം കാണിക്കാൻ വേണ്ടി അവേദ്യം എന്ന് പറഞ്ഞാൽ ഞാനാവിഷയം ഏഹ് ഒരു ചെറിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ വിഷയ ശബ്ദം കൊണ്ട് കർമ്മം എടുക്കാമോ അതിപ്പോ അവേദ്യം എന്ന് പറയുന്നിടത്തും ഞാൻ അവിഷയത്വം എന്ന് പറയുന്നിടത്തും അതെടുക്കാം വിഷയ ശബ്ദം കൊണ്ട് കർമ്മം എടുക്കാമോ അതാണ് മുഖ്യം എന്നടേയും ചോദിക്കാം കാരണം ഇവിടെ മൂന്ന് കാര്യം പറഞ്ഞു എന്താണ് ഒന്ന് ഞാൻ അഭിഷയത്വം പിന്നെ ഞാൻ അഭിഷയത്വസ്ഥതി അപരോക്ഷത്വം രണ്ടിടത്തും അവിഷയത്വം എന്ന് പറഞ്ഞാലും ആദ്യം പറഞ്ഞെന്താണ് ഞാൻ അഭിഷേകത്വം രണ്ടാമത് പറയുന്നത് എന്താണ് അവിഷയത്വം രണ്ടിടത്തും അവേദ്യം തന്നെ ഇവിടെ ഇപ്പം പറയുന്നത് എന്താണ് അവേദ്യത്വം സംഗതി ഒന്ന് പിന്നെ പലതരത്തിൽ ദോഷത്തെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരിടത്ത് എന്ത് പറഞ്ഞു വിഷയത്തെ ശബ്ദം കൊണ്ട് കർമ്മത്വത്തെ എടുത്തു കഴിഞ്ഞാൽ അപരോക്ഷത്വം വരുന്നു പറഞ്ഞു കാണിച്ചു മാറ്റി മാറ്റി പറഞ്ഞു എന്നേ ഉള്ളൂ സംഗതിയെന്ന് തന്നെ അപ്പോൾ അതിനെ തുടർന്ന് ആദ്യ പറഞ്ഞു പിന്നെ വ്യവഹാര വിഷയത്വസതി ഞാൻ അവിഷയത്വം പറഞ്ഞു അതും അത് തന്നെയാണ് അവൈദ്യത്വം തന്നെ പിന്നെ അടുത്ത് അവൈദ്യത്വസതി അപ്പൊ അപ്പോ ഇവിടെ എല്ലായിടത്തും പിന്നെ അവൈദ്യത്വത്തിന്റെ അർത്ഥം ഒന്നു തന്നെ വ്യത്യാസം അത് കുറച്ച് ദോഷം മാറ്റി കാണിക്കുന്നു വേറൊരു ദോഷത്തെയും കാണിക്കാൻ പറ്റും അതാണ് ഇവിടെ പറയുന്നത് ഞാൻ ആ വിഷയത്തുനിന്ന് മാത്രം പറഞ്ഞപ്പോൾ ഒരു ദോഷം പറഞ്ഞെന്താണ് കഥ കഥ അവതരണത്തിന് കഴിയത്തില്ല ചർച്ച ചെയ്യാൻ പറ്റത്തില്ല അത് കഴിഞ്ഞ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ വ്യവഹാര വിഷയത്തെ സ്ഥിതി ഞാനാ ആ വിഷയത്വം പറഞ്ഞു ഇപ്പോൾ വ്യവഹാര വിഷയത്വം കൂടെ വന്നു ഞാൻ ആ വിഷയത്വം വന്നു ജ്ഞാനത്തിന് വിഷയമാകുന്നില്ല പക്ഷേ വ്യവഹാരത്തിന് വിഷയം ആകുന്നുണ്ടോ അത് പറഞ്ഞു അങ്ങനെ പറഞ്ഞു പ്രഭാകരൻ്റെ ശിപ്തിരേതത്തെ എടുത്തു അവിടെ അങ്ങനെ ഒരു ദോഷം കാണിക്കാൻ വേണ്ടി അതങ്ങനെ പറഞ്ഞു പിന്നെ എന്തു പറഞ്ഞു ഞാൻ ആ വിഷയത്തെ സ്ഥിതി അപരോക്ഷരു വിഷയത്വം പറഞ്ഞു എന്ന് ഞാൻ ആ എന്ന് പറയുന്നത് നേരത്തെ വന്ന ദോഷം തന്നെ വന്നു അതാണ് അവൈദ്യുത്വ അനുമാനാദി അഗോചരതയ കഥ അനവതാര പ്രസംഗസ് ദർശിതത്വം പിന്നെ ശേഷിക്കുന്നത് എന്താണ് അപരോക്ഷ്യൂഹാര വിഷയത്വം ഇത് ശബ്ദേതാണ് പ്രത്യക്ഷ വിഷയത്വസി ഇനി അപരോക്ഷ വ്യവഹാര അർത്ഥം എന്താണ് പ്രത്യക്ഷ വിഷയത്വമാണ് അപരോക്ഷ വ്യവഹാരം എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യക്ഷം ഘടത്തിന്റെ അപരോക്ഷ വ്യവഹാരം എന്ന് പറഞ്ഞാൽ ഘടത്തിന്റെ അപരോക്ഷാണ് അപ്പോൾ അപരോക്ഷ വ്യവഹാര വിഷയത്തിനൊരു ശബ്ദേന പ്രത്യക്ഷ വിഷയത്തെ കണ്ഠോക്തത്വ എന്ന് വെച്ചാൽ നേരിട്ട് തന്നെ പറഞ്ഞു സ്പഷ്ടോക്തത്വ എന്നർത്ഥം കണ്ഠോക്തെന്ന് കാരണം അപരോക്ഷ വ്യവഹാരം എന്ന് പറഞ്ഞാൽ അപരോക്ഷം പ്രത്യക്ഷം അതിന്റെ വിഷയത്വവും ഘടത്തിലും ഉണ്ടല്ലോ പ്രത്യക്ഷം ഞാൻ വിഷയത്വമാണത് അവിടെ തന്നെ പറയുന്ന എന്താണ് അവേദ്യത്വം തദ്വിപരീത അഭിതാനേ അപരോക്ഷം പ്രത്യക്ഷ ഘട അപരോക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ് ഘടത്തിന്റെ പ്രത്യക്ഷ ഘട അപരോക്ഷം എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥം എടുക്കാം ഘടത്തിന്റെ അപരോക്ഷനൊന്നും എടുക്കാം അപരോക്ഷ വിഷയമായ ഘടമൊന്നും എടുക്കാം ഘട അപരോക്ഷമാണെന്ന് പറഞ്ഞാൽ അത് അപരോക്ഷത്വം ഘടത്തിന്റെ വിശേഷണുമാകും അപ്പൊ അപരോക്ഷജ്ഞാനത്തിന് വിഷയമായ ഘടം ഘടസ അപരോക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ് ഘടത്തിന്റെ അപരോക്ഷമായ പ്രത്യക്ഷം രണ്ടു തരത്തിലും എടുക്കാം പരോക്ഷ്യവഹാര വിഷയത്വം ശബ്ദം പ്രത്യക്ഷ വിഷയ കണ്ടോക്തരീത അവ വ്യാഘാതം വരുന്നു അപ്പൊ സപ്തമൻ ലക്ഷണത്തിൽ പറഞ്ഞത് അവിഷയത്വ സതി ഇവിടെ അല്പം മാറ്റി പറഞ്ഞു അവിഷയത്വ സതി അപരോക്ഷ വ്യവഹാര വിഷയത്വം പറഞ്ഞു വ്യാഘാദോഷം വരുന്നു അത് അഭിഷയത്വം ചേർത്തുകൊണ്ട് തണെ മേഘാതം വന്നത് സപ്തമലക്ഷണത്തിൽ അവൈദ്യത്വ സ്ഥിതി അപരോക്ഷത്വം എന്ന് പറഞ്ഞപ്പോൾ അവിടെ വിഷയത്വം ഉപയോഗിച്ചില്ല അത് പറഞ്ഞു പിന്നെ അതിനെ അല്പം മാറ്റുകയും ചെയ്തു അവൈദ്യത്വം എന്ന് പറയുന്നതിന് കർമ്മത്വമല്ല എന്നൊരർത്ഥം പറഞ്ഞു സപ്തമ ലക്ഷണത്തിന് കർമ്മത്വമല്ല എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഉടനെ പ്രഭാകരൻ്റെ ആത്മാവിലേക്ക് പോയി അഷ്ടമലക്ഷണം പറയുമ്പോഴാണെന്ന് പറഞ്ഞത് അവേദ്യത്വ സതി വ്യവഹാര വിഷയത്വം ഒന്നും എവിടെ അവൈദ്യത്വം തന്നെ അവതിഷയത്വം അങ്ങനെ പറഞ്ഞു അപ്പൊ അത് മറ്റൊരു ദോഷത്തെ കാണിക്കാൻ അപ്പോൾ എവിടെ പോയി പല സ്ഥലത്തും പോയി ചിത്തിരൂപ സംസർഗത്തിൽ പോയി അവൈദ്യത്വം പ്രഭാകണ്ഡമെന്ന് മനുസരിച്ച് വ്യവഹാര വിഷയത്തുനിന്നും അവൈദ്യത്വം വ്യവഹാര വിഷയത്തുനിന്നും സപ്തമ ലക്ഷണത്തിലാണ് എവിടെ പോയത് ഈശ്വരന്റെ അതേ പറഞ്ഞത് സപ്തമ ലക്ഷണത്തിലാണ് പോയത് ലക്ഷണത്തിലല്ല അപ്പൊ ഇതെല്ലാം തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ ആ വ്യത്യാസം മറ്റു ദോഷത്തെ കാണിക്കുകയാണ് അപ്പോഴിവിടെ അപരോക്ഷ്യോഹാര വിഷയത്വവും അവേദ്യത്വം പറഞ്ഞപ്പോൾ വ്യാഘാത ദോഷം വന്നു എന്നാണ് ഇവിടെ പറയുന്നത് വിധാനേ മേ മാത വന്തിവത് വ്യാഘാതാ ഇനി അപരോക്ഷ വ്യവഹാര വിഷയത്വം ആത്മാവിൽ വരുന്ന ഒരു ധർമ്മമാണ് മുമ്പ് വന്ന ദോഷം തന്നെ വരുന്നു സുഷുപ്തി പ്രളയ മോക്ഷേഷു വരുന്നില്ല അവിടെ ലക്ഷണം സമന്വയിക്കുന്നില്ല അഭ്യാപ്തി അവിടെയൊന്നും വിഷയത്വം ഇല്ല അപരോക്ഷ വ്യവഹാര വിഷയത്വം ഈ മൂന്ന് സ്ഥലത്തിൽ നിന്നുമ്പോ വന്നാണ് വ്യാപ്തി തഥാ വ്യവഹാര സേവ അസംഭവേന തദ്ദേ വ്യവഹാരം തന്നെ ഇല്ലാത്തതുകൊണ്ട് തദ്വിഷയത്വം ഇല്ല എന്നാണ് അപ്പൊ ഇതെല്ലാം മുമ്പ് പറഞ്ഞ ദോഷങ്ങൾ തന്നെ അതിലൂടെ കൂടുതലായി പറഞ്ഞു വ്യാഘാത ദോഷം അതിൽ അഞ്ചാമത്തെ ലക്ഷം എന്താ പറഞ്ഞത് സ്വ്യവഹാരേതുത്വ സതി അപ്പോ ചിതാത്മാവിൽ വ്യവഹാര ഹേതുത്വം എന്ന് പറയുന്നു തൊമ്മന്നു കഴിഞ്ഞാൽ എവിടെയാണ് ശരി ഈ ദോഷം വരും എവിടെയാണ് ആ ദോഷം സ്വഹാര ഹേതുത്വം തൊമ്മന്ന് തൊമ്മന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ അതുകൊണ്ടാണ് പിന്നെ സജാതീയ പ്രകാശ അപ്രകാശ്യത്വം അവിടെ തൊമ്മന്നു പക്ഷെ കുഴപ്പമില്ല എന്തുകൊണ്ട് ഏടെ തൊമ്മില്ലെന്നാ പറയുന്നു കാശ്യത്വം സുപ്രകാശ്യത്വം അപ്പൊ അവിടെ ധർമ്മം വരുന്നില്ല തുമ വന്നിട്ടും ദോഷമുണ്ട് സുപ്രകാശിത്വ സുപ്രകാശ അവിടെ തുമ്പന്നില്ല അല്ലേ പിന്നെ അവിടെ അല്ലാതെ തന്നെ ദോഷമുണ്ട് ഇപ്പോ വ്യവഹാരഹേതുത്വം വ്യവഹാര വിഷയത്വം പോലുള്ള സംഗതികൾ വരുമ്പോഴാണ് മുക്തിപ്രളയാദികളിൽ അവ്യാപ്തി വരുന്നത് എന്നുവെച്ചാൽ അങ്ങനെ ഒരു ആക്ഷേപം വരുന്നത് പ്രത്യേകം ലക്ഷണത്തിൽ തന്നെ പറയും അങ്ങനെ ചേർത്താല് ലക്ഷണം ശരിയാകും എന്ന് സ്വച്ഛ സ്വപ്രകാശ സ്വപ്രകാശവിശിഷ്ട പ്രകാശത്വം എന്ന് പറയുന്നു ഏ സ്വത്വവിശിഷ്ടപ്രകാശത്വം അപ്പം സ്വത്വവും പ്രകാശത്വവും വരുന്നത് എന്ന് പറഞ്ഞാലും ഈ ദോഷം വരും അങ്ങനെ വ്യാഖ്യാനിക്കുമ്പോൾ സ്വത്വമുണ്ട് പ്രകാശത്വമുണ്ട് അപ്പോൾ ഒരു ധർമ്മം അങ്ങനെ വ്യാഖ്യാനിക്കണമെങ്കിൽ അത് വരും പക്ഷെ സ്വത്ത് ഇഷ്ടപ്രകാശത്വം എന്ന് പറഞ്ഞില്ല സ്വച്ഛ അസുപ്രകാശം എന്നേ പറഞ്ഞോളൂ സ്വമുമാണ് പ്രകാശമാണ് നമ്മൾ വ്യാഖ്യാനിക്കുമ്പോഴാണ് പറയുന്നത് എന്താ സ്വത്വവിശിഷ്ട പ്രകാശം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ദോഷം പറയാം സ്വം വന്നു കഴിഞ്ഞാൽ എവിടെയാലും ശരി ഇങ്ങനെ പറയാം പക്ഷെ അങ്ങനെ വരുന്നതിൽ ആത്മാവിനെ പ്രകാശം എന്ന് പറഞ്ഞു അപ്പോ പ്രകാശത്വമാണ് ആത്മാവെന്ന് പറഞ്ഞാലും ദോഷമില്ല കാരണം ഈ പ്രകാശത്വം എന്ന് പറഞ്ഞാൽ പ്രകാശം തന്നെ എന്ന് പറയാം പക്ഷെ വിഷയത്വം ഹേതുത്വം എന്നെല്ലാം പറയുന്നതായിട്ട് വ്യത്യാസമുണ്ട് എന്താ വ്യത്യാസം ഇപ്പൊ പ്രകാശത്വം ഹേതുത്വം വിഷയത്വം എന്ന് പറയുന്നത് എന്റെ വ്യത്യാസം വരുന്നത് എന്താണ് ഏ പ്രകാശത്തിന് പ്രകാശത്വം എന്ന് പറയുമ്പം അതിലൊരിക്കലും ഒരു നിരുപ്യ നിരൂപക ഭാവം വരത്തില്ല മറ്റൊന്നിനെ ആശ്രയിച്ചല്ല വരുന്നു അതുകൊണ്ടാണ് അവിടെ ആ ദോഷം പറയാത്തത് അത് പ്രകാശം തന്നെ പറയാം പക്ഷെ വ്യവഹാര ഹേതുത്വം വ്യവഹാര വിഷയത്വം പറയുമ്പോൾ ഇതെല്ലാം വരുന്ന എന്തിനെ ആശ്രയിച്ച് ചിതാത്മാവിൽ നിന്ന് ഭിന്നമായി ഒന്നിനെ ആശ്രയിച്ച് വരുന്നു അങ്ങനെ വരുന്നുകൊണ്ടാണ് അതിനൊരു പ്രത്യേക ധർമ്മമായിട്ട് എടുത്തിട്ട് അതങ്ങനെ വരും അവിടെയെന്ന് ചോദിക്കുന്നു സുരുത്തി പറയും മറ്റങ്ങനെ ചോദിക്കാതെ ഇരിക്കാൻ വേണ്ടി പറയാത് അങ്ങനെയാണ് പറയാ അത് സ്വരൂപണമെന്ന് പറഞ്ഞാലോ അതിന് ഇനിയും ദോഷം പറയും അത് പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ പറ്റത്തില്ല അവിടെ നിരൂപ്യ നിരൂപക ഭവരും പറയുന്നു മറ്റൊന്നിനെ ആശ്രയിച്ചു വരുന്നവർ ധർമ്മത്തെ സ്വരൂപമായിട്ട് എടുക്കാനും പറ്റില്ല ആത്മത്വമാണ് ആത്മാവെന്ന് പറഞ്ഞാൽ ദോഷമില്ല എന്തുകൊണ്ട് മറ്റൊന്നിനെ ആശ്രയിച്ചു വരുന്നില്ല അപ്പൊ നിരൂപി നിരൂപക സംബന്ധം വരെ മറിച്ച് ആധാരത്വം ആധേയത്വം എന്നൊക്കെ പറയുമ്പോഴാണ് നിരൂപി നിരൂപക സംബന്ധം വരെ അപ്പൊ ദോഷം വരും അപ്പൊ ഇതിന് അപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളു നാവി ദശമഹി ഗോചരതയ കഥാനവതാര പ്രസംഗസ് ദർശിതാ അവഷയമാകുന്നില്ല കഥാനവതാര പ്രസംഗമെന്ന് പറയുന്ന ദോഷം ഷഷ്ടലക്ഷണത്തിൽ പറഞ്ഞാണ് അപരോക്ഷഹാര വിഷയത്വം ഇതി ശബ്ദേന പ്രത്യക്ഷം ഞാന വിഷയത്തെ കൊണ്ടുപോകുന്ന തദ്പരീത വേദ്യത്വ അഭിതാന വ്യാഘാതദോഷം മേ മാധ വന്തേതിത്വം ഒരുമിച്ച് വരുന്നു എന്നുള്ളതുകൊണ്ട് വ്യാഘാതദോഷം അപാര അപരോക്ഷകാര വിഷയത്വം എന്ന് പറയുമ്പോൾ അത് വേദ്യത്വം തന്നെ പിന്നെ വരുന്നത് ഒരു ധർമ്മം വന്നുകൊണ്ട് സുഷിത്വ പ്രളയ മോക്ഷ സുഷിത്വ പ്രളയ മോക്ഷങ്ങളിൽ അഭ്യാപ്തേവാ സംഭവേന തദ്വിഷയ ഭാവാം പൂർണമല പൂർണമല പൂർണാ പൂർണ്ണമേ പൂർണ്ണയൂർണമാതായ പൂർണമേമാവരിഷ്യോ നമ ഹരി